വിശ്വാസികളെ നിങ്ങളുടെ കൈകൾക്കും കുന്തങ്ങൾക്കുമെത്താൻ കഴിയുന്ന വേട്ടമൃഗങ്ങളിൽ ചിലതുപയോഗിച്ച് അള്ളാഹുസുബഹാനുഹുവയായാല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അദൃശ്യമായി തന്നെത്തന്നെ ഭയപ്പെടുന്നവൻ ആരാണെന്ന് അള്ളാഹു സുബഹാനുഹുവത്തായാലറിയുന്നതിനാണിത് അതിനുശേഷം ആരെങ്കിലും അതിരുകടന്നാൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ട്